നിങ്ങളെ സൃഷ്ടിക്കുകയും പിന്നീട് നിങ്ങൾക്കുപജീവനം നൽകുകയും പിന്നീട് നിങ്ങളെ മരിപ്പിക്കുകയും പിന്നീട് നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹു സുബാനഹുവറ്റ ആലയാണ് നിങ്ങളുടെ പങ്കാളികളിൽ ആരെങ്കിലും ഇതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവരുണ്ടോ അവർ പങ്കു ചേർക്കുന്നതിലപ്പുറം അവനെത്ര പരിശുദ്ധനും ഉന്നതനുമാണ്